മത്തായി എഴുതിയ സുവിശേഷം രണ്ടാം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ മത്തായി എഴുതിയ സുവിശേഷം രണ്ടാമധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ ഹരോദ രാജാവിന്റെ കാലത്ത് യേശു യഹൂദിയയിലെ ബേത്തലഹേമിൽ ജനിച്ച ശേഷം കിഴക്ക് നിന്ന് വിദ്വാൻമാർ എരിസലേമിലെത്തി യഹൂദൻമാരുടെ രാജാവായി പിറന്നവനെവിടെ ഞങ്ങൾ അവന്റെ നക്ഷത്രം കിഴക്ക് കണ്ടു അവനെ നമസ്കരിപ്പാൻ വന്നിരിക്കുന്നുവെന്ന് പറഞ്ഞു ഹരോദാ രാജാവ് അത് കേട്ടിട്ട് അവനും യരിശിലെയുമൊക്കെയും ഭ്രമിച്ചു ജനത്തിന്റെ മഹാപുരോഹിതന്മാരെയും ശാസ്ത്രിമാരെയെല്ലാം കൂട്ടി വരുത്തി ക്രിസ്തു എവിടെയാകുന്നു ജനിക്കുന്നത് എന്ന് അവരോട് ചോദിച്ചു അവർ അവനോട് യഹോദയിലെ ബേത്തലഹേമിൽ തന്നെ യഹോദ്യദേശത്തിലെ ബേത്തലഹേമേ നീ യഹൂദാ പ്രഭുക്കന്മാരിലോട്ടും ചെറുതല്ല എന്റെ ജനമായ ഇശ്രേലിനെ മേയ്പ്പുള്ള തലവൻ നിന്നിൽ നിന്ന് പുറപ്പെട്ടു വരും എന്നിങ്ങനെ പ്രവാചകൻ മുഹാദരം എഴുതിയിരിക്കുന്നുവെന്ന് പറഞ്ഞു എന്നവരെ ഹെരോദ വിദ്വാൻമാരെ രഹസ്യമായി വിളിച്ച് നക്ഷത്രം വെളിവായ സമയം അവരോട് സൂക്ഷ്മമായി ചോദിച്ചറിഞ്ഞു അവരെ ബേത്ലഹേമിലേക്ക് അയച്ചു നിങ്ങൾ ചെന്ന് ശിശുവിനെക്കുറിച്ച് സൂക്ഷ്മമായി അന്വേഷിപ്പീൻ കണ്ടെത്തിയാൽ ഞാനും ചെന്നു അവനെ വന്ന് എന്നെ അറിയിപ്പിൻ പറഞ്ഞു രാജാവ് പറഞ്ഞത് കേട്ടു അവർ പുറപ്പെട്ടു അവർ കിഴക്ക് കണ്ട നക്ഷത്രം ശിശു ഇരിക്കുന്ന സ്ഥലത്തിനു മീതേ വന്ന് നിൽക്കുവോളം അവർക്ക് മുൻപായി പോയിക്കൊണ്ടിരുന്നു നക്ഷത്രം കണ്ടതുകൊണ്ട് അവർ അത്യന്തം സന്തോഷിച്ചു ആ വീട്ടിൽ ചെന്നു ശിശുവിനെ അമ്മയായ മറിയയോടുകൂടെ കണ്ടു വീണു അവനെ നമസ്കരിച്ചു നിക്ഷേപ പാത്രങ്ങളെ തുറന്ന് അവന് പൊന്നും കുന്തിരുക്കവും മൂരും കാഴ്ചവെച്ചു ഹെരോദാവിന്റെ അടുക്കൽ മടങ്ങിപ്പോകരുത് എന്ന് സ്വപ്നത്തിൽ അരുളപ്പാടുണ്ടായിട്ട് അവർ വേറെ വഴിയായി സ്വദേശത്തേക്ക് മടങ്ങിപ്പോയി അവർ പോയ ശേഷം കർത്താവിന്റെ ദൂതൻ യോസഫിന് സ്വപ്നത്തിൽ പ്രത്യക്ഷനായി നീ എഴുന്നേറ്റ് ശിശുവിനേയും അമ്മയെയും കൂട്ടിക്കൊണ്ട് മിശ്രൈമിലേക്ക് ഓടിപ്പോയി ഞാൻ നിന്നോട് പറയും വരെ അവിടെ പാർക്കുക ഹെരോദാവ് ശിശുവിനെ നശിപ്പിക്കേണ്ടതിന് അവനെ അന്വേഷിപ്പാൻ ഭാവിക്കുന്നുവെന്ന് പറഞ്ഞു അവൻ എഴുന്നേറ്റ് ശിശുവിനെയും അമ്മയേയും രാത്രി തന്നെ കൂട്ടിക്കൊണ്ടും പുറപ്പെട്ട് പോയി ഹെരോദാവിന്റെ മരണത്തോളം അവൻ അവിടെ പാർത്തു മിശ്രയിമിൽ നിന്ന് ഞാൻ എന്റെ മകനെ വിളിച്ചു എന്ന് കർത്താവ് പ്രവാചകൻ മുഖാന്തരം അരളിച്ചത് നിവൃത്തിയാകുവാൻ സംഗതി വന്നു വിദ്വാൻമാർ തന്നെ കളിയാക്കിയെന്ന് ഹരാതാവ് കണ്ട് വളരെ കോപിച്ചു വിദ്വാൻമാരോട് ചോദിച്ചറിഞ്ഞ കാലത്തിന് ഒത്തവണ്ണം രണ്ടു വയസ്സും താഴെയുമുള്ള ആൺകുട്ടികളെയൊക്കെയും ബേതലഹേമിലും അതിന്റെ എല്ലാ അതിരുകളിലും ആളയച്ച് കൊല്ലിച്ചു റാമേൽ ശബ്ദം കേട്ടു കരച്ചിലും വലിയ നിലവിളിയും തന്നെ റാഹേൽ മക്കളെ ചൊല്ലിക്കരഞ്ഞു അവർ ഇല്ലായകയാൽ ആശ്വാസം കൈക്കൊള്ളുവാൻ മനസ്സിലാതിരുന്നു ഇന്ന് യരമയ പ്രവാചകൻ മുഖാന്തര വരളി ചെയ്ത് അന്ന് നിവൃത്തിയായി എന്നാൽ ഹെരാതാവ് കഴിഞ്ഞുപോയശേഷം കർത്താവിന്റെ ദൂതൻ മിസ്രൈമിൽ വെച്ച് യോസഫിന് സ്വപ്നത്തിൽ പ്രത്യക്ഷനായി ശിശുവിന് പ്രാണഹാനി വരുത്തുവാൻ നോക്കിയവർ മരിച്ചുപോയതുകൊണ്ട് എഴുന്നേറ്റ് ശിശുവിനെയും അമ്മയേയും കൂട്ടിക്കൊണ്ട് ഇസ്രയേൽ ദേശത്തേക്ക് പോകാന്ന് പറഞ്ഞു അവൻ എഴുന്നേറ്റ് ശിശുവിനെയും അമ്മയേയും കൂട്ടിക്കൊണ്ട് ഇസ്രയേൽ ദേശത്ത് വന്നു എന്നാൽ യഹൂദ്യയിൽ അർക്കലയോസ് തന്റെ അപ്പനായ ഹരോദാവിന് പകരം വാഴുന്നുവെന്ന് കേട്ടതുകൊണ്ട് അവിടെ പോകുവാൻ ഭയപ്പെട്ടു സ്വപ്നത്തിൽ അരുളപ്പാടുണ്ടായിട്ട് ഗലീല പ്രദേശങ്ങളിലേക്ക് മാറിപ്പോയി അവൻ നസറായനെന്ന് വിളിക്കപ്പെടുവെന്ന് പ്രവാചകൻ മുഖാന്തരം അരളിച്ചെയ്തത് നിവൃത്തിയാവാൻ തക്കവണ്ണം നസറേ ഗ്രാമത്തിൽ ചെന്നു പാർത്ഥു